വിശ്വാസികളെ അള്ളാഹു സുബഹാനഹൂവ ചായാലാവിൻറെ ചിഹ്നങ്ങളെയും നിഷിദ്ധമാസത്തെയും ബലിമൃഗങ്ങളെയും കഴുത്തിൽ അടയാളമിട്ട മൃഗങ്ങളെയും അള്ളാഹു സുബഹാനഹുവ ചായാലാവിൻറെ അനുഗ്രഹവും തൃപ്തിയും തേടി വിശുദ്ധ ഗൃഹത്തിലേക്ക് പുറപ്പെടുന്നവരെയും നിങ്ങൾ നിരുപദ്രവകാരികളാക്കരുത് നിങ്ങൾ ഇഹ്റാമിൽ നിന്ന് വിമുക്തരായാൽ വേട്ടയാടുക ഒരു ജനത നിങ്ങളെ വിശുദ്ധ മസ്ജിദിൽ നിന്ന് തടഞ്ഞതിന്റെ പേരിലുള്ള വിദ്വേഷം നിങ്ങൾ അതിരുവിടാൻ കാരണമാകരുത് നന്മയിലും ഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹായിക്കുക പാപത്തിലും അതിക്രമത്തിലും നിങ്ങൾ സഹകരിക്കരുത് നിങ്ങളല്ലാഹുവിന് ഭയപ്പെടുക തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹുവ ചായാല കഠിനമായ ശിക്ഷ നൽകുന്നവനാണ്